അവൻ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് അവന് അവൻ ഉപജീവനം നൽകുകയും ചെയ്യും ആരെങ്കിലും അള്ളാഹു സുബഹാനുഹുവ തയാളയിൽ ഭരമേൽപ്പിക്കുന്നുവോ അവൻ അവന് മതിയായവനാകുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവ തയാളയുടെ കൽപ്പന നടപ്പിലാക്കപ്പെടുന്നതാണ് അള്ളാഹു സുബഹാനുഹുവ തയാള എല്ലാ കാര്യങ്ങൾക്കും ഒരു നിശ്ചിത അളവ് നിശ്ചയിച്ചിട്ടുണ്ട്